മനുഷ്യരിൽ ചിലരുണ്ട് അവർ പറയും ഞങ്ങൾ അള്ളാഹുസുബഹാനുഹൂവച്ച ആലയിൽ വിശ്വസിച്ചു എന്ന് എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് പീഡനമുണ്ടായാൽ മനുഷ്യരുടെ പരീക്ഷണത്തെ അവർ അള്ളാഹുസുബഹാനുഹൂവച്ച ആലയുടെ ശിക്ഷ പോലെയാക്കുന്നു എന്നാൽ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് സഹായം അവർ തീർച്ചയായും പറയും തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നു എന്ന് ലോകരുടെ ഹൃദയങ്ങളിൽ എന്താണെന്ന് അള്ളാഹുസുബഹാനഹൂവച്ച ആലയ്ക്കല്ലേ ഏറ്റവും നന്നായി അറിയാവുന്നത്